പതിനൊന്നാം സർഗം നാലാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് അടുത്ത പോലെ അഞ്ച് സത്യതാം മുതിതാം പ്രജ്ഞാം വിശ്രാന്തി അപതാപതാം പീനതാം മരവർണത്വം പീതാമത ഇവ ഏഷ്യതി വശിഷ്ടം വസിഷ്ഠനാണ് രാമനെ ഉപദേശിക്കുന്നത് എങ്കിലും ഇവിടെ ആദ്യ ഉപദേശം തുടങ്ങുന്നത് വിശ്വാമിത്രനാണ് തുടർന്നും വിശ്വാമിത്രനാണ് ഉപദേശം രാമനെ ഇവിടെ അഭിസംബോധന ചെയ്യുന്ന വിശ്വാമിത്രനെയാണ് പിന്നീട് അത് വധിഷ്ഠൻ ഏറ്റെടുക്കുകയാണ് വിശദമായ ഉപദേശം ഇപ്പോൾ ഏതസ്മിൻ മാർജിതേ യുക്തിയോ മോഹേജ് ഏതസ്മിൻ മാർജിതേ യുക്തി മോഹേജര നന്ദന വിശ്രാന്തി മേശി പതേ തസ്മിൻ വയമേവോത്തമേ ഈ ആശയക്കുഴപ്പമൊക്കെ മാറി ഒരു വിശ്രാന്തി പദത്തെ പ്രാപിക്കും വളരെ ഉത്തമമായ ഒരു വിശ്രാന്തി പദത്തെ പ്രാപിക്കും അതിനുള്ള വഴി ഇവിടെ വിശ്വാമിത്രം പറയണം അതെന്താണ് വിശ്രാന്തി എന്താണ് ആ താപതാം താപം താപരഹിതമായ സത്യതാം സത്യമായ മുതിതാം ആനന്ദസ്വരൂപമായ പ്രജ്ഞാം ജ്ഞാനസ്വരൂപമായ വിശ്രാന്തി ഒരാൾ പ്രാപിക്കും ഇപ്പോ രാമൻ വളരെ ക്ഷീണിതനും കണ്ടാൽ ദുഃഖിതനും എല്ലാമാണ് അതെല്ലാം രാമൻ തന്നെ വിശദീകരിക്കും എന്താ സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വിശദീകരിച്ച് പറയും ഇതെല്ലാം മാറി പീനതാം വരവർണ്ണത്വം അമൃതയവേഷ്യ അമൃതം പീതൈവ അമൃതം കുടിച്ചു കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെയാണോ ദേവനായി മാറുന്നു അതുപോലെ നീ ദേവത്വത്തെ പ്രാപിക്കുന്നതാണ് എല്ലാം ആന്തരികമായും ബാഹ്യമായും എല്ലാം ഭീനത എന്ന് പറയുന്നത് ക്ഷീണത്തെ മാറും എന്നുള്ളതാണ് പരവർണ്ണത്വം എന്ന് പറയുന്നത് വിളർച്ചയെല്ലാം മാറും ഇപ്പം രാവനെ കാണുമ്പം മറ്റുള്ളവർക്ക് പ്രയാസം തോന്നക്ക തോന്നത്തക്ക രീതിയിൽ ശോഷിച്ച് വിളർ വിളർച്ചയൊക്കെ ബാധിച്ചിരിക്കുകയാണ് ഇതെല്ലാം മാറും എന്തുകൊണ്ട് വിശ്രാന്തിയെ പ്രാപിക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാവുമ്പോൾ മനുഷ്യൻ ശരീരം കൊണ്ടും ക്ഷീണിക്കും നല്ല വർണ്ണം നല്ല കളർ വെളുത്ത സുന്ദരനാകും കറുത്ത സുന്ദരനാകാം രാമൻ അത്ര വെളുപ്പല്ലെന്നാണ് കേട്ടിട്ടുള്ളത് അതാണ് വരവർണ്ണത്വം ബാഹ്യമായി തന്നെ അതാണ് ഞാൻ പറഞ്ഞു വന്നത് മനസ്സ് ക്ഷീണിക്കുമ്പോൾ ശരീരം ക്ഷീണിക്കും മനസ്സിന് സന്തോഷം വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് ആൾക്കാരെല്ലാം തടിച്ചു കൊഴുത്തു വരും കുറച്ച് കാശ് സൗകര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് ആരാണ് തടിക്കാത്തത് പൊതുവെ മനുഷ്യരെ അങ്ങനെ കാണും ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ആൾക്കാർ ക്ഷീണിച്ച് അതുപോലെയാണ് ഇവിടെ മനസ്സിൻ്റെ വിശ്രാന്തി ശരീരത്തിനും മാറ്റം വരുത്തും എന്നാണ് പറയുന്നത് നിജം ച പ്രകൃതം എന്ന വ്യവഹാരപരംപരാ പരിപൂർണമന ആചരിഷ്യത്തി അഖണ്ഡിതം നിജാം പ്രകൃതം വ്യവഹാരപരമ്പരാഖ്യാതാവ് പറയും ഈ വ്യവഹാര പരമ്പര എന്നൊക്കെ പറയുന്നത് വർണ്ണാശ്രമധർമ്മങ്ങളാണെന്ന് പഴയകാലത്ത് എല്ലാവരും അങ്ങനെ എഴുതുന്നത് അന്നത്തെ ആചരണം അതാണ് വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഒരാൾ വർണ്ണ ആശ്രമ ധർമ്മങ്ങൾ പാലിക്കുക അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ എഴുതും പൊതുവെ വ്യവഹാര പരമ്പര എന്ന് വെച്ചാൽ പ്രവർത്തിക്കണം ഇപ്പോൾ രാമൻ നിവർത്തനായിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് തലയ്ക്ക് കൈയും കൊടുത്ത് ദുഃഖിതനായി അങ്ങനെ ഇരിക്കുകയാണ് അതെല്ലാം മാറ്റി പ്രവൃത്തിയിലേക്ക് വരും നിജാം പ്രകൃതാം സ്വാഭാവികമായിട്ടുള്ള താൻ ചെയ്യേണ്ടതായിട്ടുള്ള ആ പ്രവൃത്തിയിലേക്ക് വരും എന്നാണ് എന്താ നിവൃത്തിയല്ല ഇവിടെ ഇതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ വാസിഷ്ഠരാമായണത്തിൽ നിവൃത്തിയെക്കുറിച്ചല്ല പറയുന്നു വൈരാഗ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ വൈരാഗ്യ വിവേകങ്ങളിലൂടെ അയാൾ പ്രവൃത്തിയിലേക്ക് പോവുകയാണ് പക്ഷേ രാമൻ ഇപ്പം തയ്യാറാകുന്നത് നിവൃത്തിക്കാണ് ആ നിവൃത്തിക്ക് തയ്യാറാകുന്ന രാമനെ പ്രവൃത്തിയിലേക്ക് പോകുന്നു ആ വിവേകങ്ങളത്തെ വൈരാഗ്യത്തെ ഒന്നും അപ്പോൾ വൈരാഗ്യവും പ്രവൃത്തിയും എങ്ങനെ ഒത്തുപോകും അതാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് വൈരാഗ്യം എന്ന് പറയുന്നത് എന്താണ് തുടർന്നും ജ്ഞാനം ഉണ്ടാകുന്നതിനും പ്രപഞ്ചത്തിൽ അസംഖനായി പ്രവർത്തിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഇതൊരു ഇതിനൊരു ചരിത്രത്തിൻ്റെ പിൻബലമുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ രാമൻ വിവാഹത്തിന് വേണ്ടി തയ്യാറാകുന്ന സമയത്താണ് വിരക്തി വരുന്നത് അവസാനം വിവേകം എല്ലാം വന്നു വിരക്തിയെല്ലാം മാറ്റി വിവാഹിതനാകുന്നു രാജ്യം ഭരിക്കുന്നതായിട്ടാണ് പോകുന്നത് കഥ ഗൃഹസ്ഥനാകുന്നു ഇതേപോലെ മുമ്പൊരാൾക്ക് വിരക്തി വന്നിട്ടുണ്ടാർക്കാണ് ബുദ്ധൻ അത് ചരിത്രമാണ് ഇത് കഥയാണ് ആ ചരിത്രത്തിന് ബദലാണ് ഈ കഥ ഒരാൾക്ക് വിരക്തി വന്നു പോയാൽ എന്ത് ചെയ്തു ഭാര്യയും കുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ച് നേരെ പോയി നേരെ പോയി ജ്ഞാനത്തെ നേടി പിന്നീട് സന്യാസധർമ്മത്തെയാണ് ഉപദേശിക്കുന്നത് അതിന് നേരെ വിപരീതമാണ് ആ ചരിത്രത്തിന് വിപരീതമായിട്ടാണ് ഈ കഥയുണ്ടാക്കിയത് നേരിട്ടല്ലെങ്കിൽ അവനെ പിന്തുടർന്നാണ് പിന്നെ അദ്വൈതത്തിൽ ശങ്കരാചാര്യർ സന്യാസ പരമ്പരയെ സൃഷ്ടിക്കുന്നു അതും ഒരു തരത്തിൽ ബുദ്ധൻ്റെ അനുകരണമാണ് സന്യാസത്തിൻ്റെ കാര്യത്തിൽ അത് കഴിഞ്ഞ് അദ്വൈതത്തെ പ്രചരിപ്പിച്ചതെല്ലാം ഭക്ഷ്യതാരൻ്റെ ശിഷ്യന്മാരും ആ പരമ്പരയിൽ വന്ന സന്യാസിമാരാണ് ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയിരിക്കുന്നു അദ്വൈതത്തെ പ്രചരിപ്പിച്ചതും എല്ലാം സന്യാസിമാരാണ് അത് ഒരാൾ ഒഴുകി വാചസ്പതി സന്യാസം സ്വീകരിച്ചില്ലെങ്കിലും കഥയിൽ അദ്ദേഹം ഒടുവിൽ സന്യാസം സ്വീകരിച്ചെന്നും ഇല്ലെന്നും എല്ലാം പറയുന്നു എന്തായാലും സന്യാസി പോലെ ജീവിച്ചയാളാണ് പണ്ഡിതനായിരുന്നു എന്തായാലും അതൊരു സന്യാസ പരമ്പരയെ സൃഷ്ടിച്ചു അവിടെയൊക്കെ ജ്ഞാനത്തെ ഉപദേശിക്കുന്നത് ഈ ആത്മവിദ്യ ഉപദേശിക്കുന്നതെല്ലാം സന്യാസിമാരാണ് പിന്നീട് കാണുന്നത് കാരണം അവരാണല്ലോ വ്യാഖ്യാനിക്കുന്നത് അപ്പൊ ആൾക്കാർ ജിജ്ഞാസയോടുകൂടി അവരടുത്ത് ചെല്ലുന്നു അവരുപദേശിക്കുന്നു അവർ സന്യാസിമാരാകും അതാണ് ഒരു പരമ്പര ഈ പരമ്പര ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ സമ്പ്രദായം വന്നത് ഇവിടെ ഉപദേശിക്കുന്നത് സന്യാസിയല്ല കേട്ടയാളും സന്യാസിയാവുന്നില്ല ുദ്ധന്റെ പരമ്പരയും പിന്നെ ശങ്കരായരുടെ പരമ്പരയും ശങ്കരായരുടെ പരമ്പര എന്ന് പറയുന്ന ആധുനികമായ പരമ്പരയ്ക്കും ബദലായിട്ടാണ് ഇങ്ങനെ ഒരു പരമ്പര ആത്മവിദ്യയുടെ ഗാർഹസ്യ പരമ്പര ഇത് പണ്ടുണ്ടായിരുന്നു പനിഷത്തുകൾ രഹസ്യന്മാരാണ് ഉപദേശിച്ചു ശങ്കരാചാര്യ അതിനെയും നിഷേധിച്ചു അതൊക്കെ അർത്ഥവാദ കഥകളാണ് ഗൃഹസ്ഥനൊന്നും അത് അങ്ങനെ ഉപദേശിച്ചാൽ ശരിയാവത്തില്ല അങ്ങനെ ഉപദേശിക്കുകയാണെങ്കിൽ ഈ ആജ്ഞകൾക്ക് ഇനപ്പലെ സന്യാസിയാവണം ഇങ്ങനെ ഒരു നിലപാടാണ് ശങ്കരാചാര്യത് അതിനൊക്കെ ബദലായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് അവിടെ ഉപദേശിക്കുന്ന ഒരാൾ വസിഷ്ഠൻ പുരോഹിതനാണ് പുരോഹിതനാണ് ഈ വിദ്യ ഉപദേശിക്കുന്നത് ഗ്രഹസ്ഥ പാലിച്ചുകൊണ്ടാണ് പിന്നെ വിശ്വാമിത്രൻ ആരാണ് തീരുമാനിക്കാൻ പ്രയാസമാണ് ഗൃഹസ്ഥനാണോ സന്യാസിയാണോ എല്ലാമാണ് ആൾ തപസ്വിയാണെന്നുള്ളൊരു തർക്കമില്ല ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ മാറുന്ന ആളാണ് അപ്പം മറ്റതിന് ബദലാണ് വിശ്വാമിത്രൻ ഏതിനാ സന്യാസത്തിന് അതുകൊണ്ടാണ് വിശ്വാമിത്രൻ ആദ്യം ഉപദേശിക്കുന്നത് നിനക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മത്സരമാണ് അപ്പോൾ ഒരു പുതിയ ആത്മവിദ്യ പാരമ്പര്യം തുടങ്ങിവെക്കുകയാണ് ഇവിടെ മുമ്പുണ്ടായിരുന്നു ഉപനിഷത്തിലുണ്ടായിരുന്നു അതാണോ ജനകനൊക്കെ വന്നത് ഈ പറയുന്നത് ചങ്കരക്ക് ശേഷം ആരുടെ കാലത്ത് ബുദ്ധനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പറയുന്നത് ബുദ്ധനാണോ ഗുപ്തകാലം ഓ ഗുപ്തകാലം ഗുപ്തകാല എന്ന് പറയുന്നത് ചന്ദ്രായം രൂപ എത്രയോ മുമ്പിൽ പിന്നെയോ ചരിത്രം അറിയില്ലേ ഗുപ്തകാലം എന്നൊക്കെ പറയുന്നത് ശങ്കരാചാര്യപ്പം വളരെ മുമ്പിലാണ് ബുദ്ധന് ശേഷം ഇപ്പൊ അത് ഇതുമായിട്ട് ബന്ധമാണ് ഗുപ്തവംശം ഉണ്ടായത് അതിനൊക്കെ ഇത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ശങ്കരാചാര്യം ശങ്കരാചാര്യരാണ് ആ സന്യാസ പരമ്പരയെ പിന്നീട് ബുദ്ധൻ്റെ കാലം ചെയ്യുന്നു ബുദ്ധൻ്റെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അതെല്ലാം പലതരത്തിൽ ചിന്നഭിന്നമായി പല പല സമ്പ്രദായങ്ങൾ തന്നെ ഉണ്ടായി ഭജയാനം പോലെയുള്ള സമ്പ്രദായങ്ങളുണ്ടായി തേരാവാദ സമ്പ്രദായങ്ങളുണ്ടായി പലതരത്തിൽ ബുദ്ധമതം തന്നെ ചിന്ന ഭിന്നമായി കുറേ കഥപ്പതിച്ചു പിന്നെ കുമാരിലഭട്ടം അതൊക്കെ ഗുപ്തന് ശേഷമാണ് ഗുക്തകാലം കഴിഞ്ഞ വീണ്ടും വരണാശ്രമധർമ്മങ്ങളെയൊക്കെ പുനരുദ്ധരിച്ചു ബുദ്ധൻ ക്ഷീണിച്ചു ആ സമയത്താണ് എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളിൽ ശങ്കരാചാര്യർ വന്നിട്ടും വീണ്ടും ഇവിടെ സന്യാസ പരമ്പരെ സന്യാസത്തിന് പ്രധാനമുണ്ട് അതും കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് അതിന് മുതലായിട്ട് ഭാഷ്യത്തിൽ രാമായണത്തെക്കുറിച്ച് പറയാത്തത് അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റിയില്ല ഒന്ന് രാമായണത്തിനും ഭാഷ്യകാരൻ വലിയ പ്രാധാന്യം കൊടുത്തില്ല കാരണം നിരവധി പുരാണങ്ങളുണ്ടായിരുന്നു ഭാഷ്യകാരൻ്റെ കാലത്ത് തന്നെ അതിന് ഭാഷ്യകാരൻ ആകെ പരാമർശിച്ചിരിക്കുന്നത് അല്പസ്വല്പമൊക്കെ വായു പക്ഷേ ആ പദ്യങ്ങളൊക്കെ വായു പുരാണത്തിൽ നിന്ന് തന്നെ എടുത്താണോന്ന് പോലും അറിയത്തില്ല അപ്പോൾ ആ പുരാണങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട് ഭാഗവതം ഇന്നും ഒരുപാട് പ്രചാരത്തിലുള്ള ഭാഗവതത്തെ തൊട്ടിട്ടില്ലല്ലോ ദേവീ ഭാഗവതം സ്പർശിച്ചിട്ടില്ല അങ്ങനെ നിരവധി കാലത്ത് പ്രസിദ്ധമായ ഒരുപാട് പുരാണങ്ങളെയൊക്കെ ഉപേക്ഷിച്ചതിൻ്റെ കൂട്ടത്തിൽ അതിനെയൊന്നും പരാമർശിച്ചിട്ടില്ല മഹാഭാരതം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒന്നായിരുന്നു അതിന് മറ്റേ തൊടാതിരിക്കാനുള്ള ഒരു കാരണമുണ്ട് അതിനകത്തൊന്നും അദ്വൈതത്തിന് അനുകൂലമായൊന്നും കിട്ടാനില്ല മൂലരാമായണം എന്ന് പറയുമ്പോൾ അതിനകത്തൊന്നും അതിനൊന്നും ഒന്നും കിട്ടത്തില്ല എഴുത്തച്ഛൻ്റെ രാമായണം പോലെയല്ല അല്ലെങ്കിൽ തുളസി തുളസീദാസിൻ്റെ രാമായണം പോലെയല്ല അതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചത് അദ്വൈതം പ്രമാണമായിട്ട് എന്തെങ്കിലും കിട്ടുമോ അതേ സ്വീകരിച്ചോളൂ മഹാഭാരതത്തിലതുണ്ടായിരുന്നു ചില വാക്യങ്ങൾ അധികം നടത്തും പ്രത്യേകിച്ചും എന്താണോ നിവൃത്തി മാർഗത്തെക്കുറിച്ച് അത് ഇവിടെ സനകാദികളെയും ഇടയും പുരാണങ്ങളിലുള്ള ശുഭബ്രഹ്മർഷിയുടെയൊക്കെ നിവൃത്തി മാർഗത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് വിശേഷിച്ച് ഭാഷികാരന് സന്യാസത്തെ സമർത്ഥിക്കണം അപ്പോൾ നിവൃത്തിയെക്കുറിച്ച് പറയുന്നു മഹാഭാരതത്തിൽ നിന്ന് എന്താ അടുത്തോ ഇവരുണ്ടോ വാക്യങ്ങൾ അത്ര പിന്നെ ചില കഥാപാത്രങ്ങൾ സുലഭയെപ്പോലുള്ള ജനകഥാപാത്രം അതെല്ലാം മഹാഭാരതത്തിൽ നിന്നെടുത്തു ആ കഥകളെല്ലാം ഭക്ഷ്യക്കാരൻ പിൽക്കാലത്ത് അത് മഹാഭാരതത്തിൽ പറയുന്നു മറ്റേതെങ്കിലും നിന്നും ആകാം പക്ഷേ മഹാഭാരതമായിട്ടാണ് പുരയ്ക്ക് അംഗീകരിച്ചിരിക്കുന്നത് അത് ഏതാനും ചില വാക്യങ്ങളെയുണ്ട് അത് മഹാഭാരതമാണല്ലോ പക്ഷേ ഉപനിഷത്ത് അങ്ങനെയല്ല ധാരാളമായി ഉദ്ധരിച്ചിട്ടുണ്ട് അദ്വൈതമല്ലാത്തതിനെ അദ്വൈതമാക്കി വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഉപനിഷത്തുകൾ കാരണം അതിന് പ്രാമാണികതയുണ്ടായിരുന്നു മഹാഭാരതത്തിനും ഭാഷ്യകാരൻ്റെ കാലഘട്ടത്തിൽ പ്രാമാണികതയുണ്ടായിരുന്നു അതിന് മറ്റൊരു കാര്യം കൂടെയുണ്ട് ഭാഷ്യകാരന് ഭഗവത്ഗീതയും മറ്റും വ്യാഖ്യാനിച്ചിട്ട് അവരവരുടെ സിദ്ധാന്തങ്ങൾ സ്ഥാപിച്ചു പലരും അതുകൊണ്ട് തന്നെ അതിനെ ഖണ്ഡിക്കണം ആയിരുന്നു അവരുപനിഷത്തുകളെ വ്യാഖ്യാനിക്കുകയും ഗീതയെ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അതിനെ ഖണ്ഡിക്കേണ്ട ആവശ്യമാണ് അദ്വൈതത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതും ഒരു കാരണമാണ് രാമായണം ഒന്ന് പുരാണം എന്നുള്ളതിലേക്ക് അന്ന് അതിന് യാതൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു പക്ഷികാരുടെ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ പാടെ അപേക്ഷിച്ചു പരാമർശിച്ചതും അതിനങ്ങനെ ആരും അതിനു മുമ്പ് വ്യാഖ്യാനിച്ചിട്ട് ഒന്ന് എഴുതിയിട്ട് ബാക്കി ഇത് വ്യാഖ്യാനിച്ചത് പിൽക്കാലത്താണ് രാമാനുജനെ പോലെയുള്ളവരൊക്കെ വ്യാഖ്യാനിച്ചത് അതാണ് രാമായണത്തെ പരാമർശിക്കാറ് തീർച്ചയായിട്ടും രാമായണത്തിന് ഇത്രയും പ്രസിദ്ധി കിട്ടാനുള്ള ഒരു പ്രധാനമായ കാരണം അത് രാമന് കിട്ടിയ പ്രസിദ്ധി പോലെ തന്നെയാണ് കാരണം രാമായണം പിൽക്കാലത്ത് ഇത്ര ശക്തമായി വരണാശ്രമ വ്യവസ്ഥയെ സമർത്ഥിച്ച വേറെ ഒരു പുരാണവും രാമായണം നിരന്തരം ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് രാമായണത്തിൽ ഈ വർണ്ണവ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയിൽ വെച്ചാൽ ജാതി നല്ല വിചാരമൊന്നും കൊണ്ടുവരുന്നത് ജാതി വ്യവസ്ഥയും ജാതിക്ക് അധിഷ്ഠിതമായിട്ടുള്ള ആശ്രമ വ്യവസ്ഥയും സമർത്ഥിക്കുക എന്നുള്ളതാണ് രാമായണ എഴുതി ആളിൻ്റെ ലക്ഷ്യം എഴുതി വന്ന അതുകൊണ്ടാണ് അതിനെ സമർത്ഥിക്കുന്നതുകൊണ്ടാണ് രാമായണത്തിന് ഇത്രയും പ്രസിദ്ധി വന്നത് രാമൻ ഇത്രയും പ്രസിദ്ധി വരാനും കാരണം അതിൻ്റെ സംരക്ഷകൻ എന്നുള്ള ആനൊക്കെയാണ് ഭക്തിപ്രസ്ഥാനം എന്ന് പറയുന്നത് വളരെ പിൽക്കാലത്ത് അത് വന്നതെന്ന് ശങ്കരായർക്ക് ശേഷമാണ് ഈ ഭക്തിപ്രസാനം എല്ലാം ഇവിടെ പ്രചാരത്തിൽ വരുന്നത് എല്ലാ സമ്പ്രദായങ്ങളും സംഗ്രഹകർക്കും ശേഷവും അതായത് ഒരു നൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞിട്ട് രണ്ട് നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് അതിന് പ്രചാരം വരുന്നത് രാമാനുജനെ തുടങ്ങി അത് രാമാനുജനെ തുടങ്ങിയാണ് രാമാനുജനും മാധുവിനും ശ്രീവല്ലഭനും അതൊക്കെ വളരെ അവരുടെ ഗാനം വന്നപ്പോൾ അവർ ഇതിനെ രാമായണത്തെ അവർ പരമാവധി ഉപയോഗിച്ചും ഇവരെല്ലാം ഭരണാശ്രമം ഉപാധികളുമായിരുന്നു മുഴും പേരും വർണ്ണാശ്രമവും ശക്തമായും വർണ്ണാശ്രമ വ്യവസ്ഥയിൽ സമ്മതിച്ചവരുമായിരുന്നു കാരണം അത് രാമായണത്തിന് അനുകൂലിച്ചതുകൊണ്ട് പിന്നെ ചിലരെല്ലാം സ്ത്രീകളോടൊക്കെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല അത് സ്വാധീനം ചെലുത്തുക എന്ന് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് അപ്പൊ പഴയകാലത്ത് ഇതിന് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് രാജാക്കന്മാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അതിനെ പ്രചരിപ്പിക്കാൻ കഴിയും ഏത് അപ്പോൾ വിദ്വാൻമാർക്ക് അന്ന് തീരുമാനിക്കുന്ന രാജസ്രദസ്സുകളാണ് അവിടെ വരുന്ന വലിയ വിദ്വാന്മാർ അത് രാമാനുജനെ പോലെയുള്ളവരിങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ ശങ്കരാചാര്യ ഉൾപ്പെടെ ഇവരെല്ലാവരും ഇവരുടെ പാണ്ഡിത്യം കൊണ്ട് രാജാക്കന്മാരെ സ്വാധീനം രാജാക്കന്മാരുടെ ഇതിലാണ് അധികാരം രാജാക്കന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ അവർ വഴി അവര് അവരുടെ താല്പര്യമനുസരിച്ച് ജനങ്ങൾക്ക് ജീവിച്ചേ പറ്റും അപ്പോൾ അതിനേറ്റവും വലിയ തമിഴ്നാട് തെളിവ് തമിഴ്നാടാണ് ശവന്മാർ ഒരു ശൈവരാജാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈഷ്ണവന്മാരെല്ലാം സ്ഥലം വിടും വൈഷ്ണവൻ വന്നു കഴിഞ്ഞാൽ ശൈവന്മാർ പോവും ജൈനം വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം പോകും ഇത് തമിഴ്നാട്ടിലും മാറി മാറി മാറി സംഭവിച്ചുകൊണ്ടിരുന്ന തമിഴ്നാടിൻ്റെ ചരിത്രമേ അതാണ് വടക്കേന്ത്യയിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് അപ്പൊ ജനങ്ങൾ സ്വീകരിക്കാമെന്ന് പറയുന്നത് നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അനുഭവിച്ചുകൊണ്ട് പഴയ കാലത്തെക്കുറിച്ച് ചിന്തിക്കരുത് ജനങ്ങളൊന്നും ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നതാണ് ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് ജനങ്ങൾക്ക് അത് സ്വീകരിച്ചേ മതിയാവും രാജാവ് പറയുന്നതനുസരിച്ച് പറ്റും രാജാവ് വൈഷ്ണവനായാൽ ജനങ്ങളും വൈഷ്ണവരാവും രാജാവ് ശൈവനായാൽ ജനങ്ങളും ശൈവരാകും ആയെ പറ്റും അത് രാജാവിനെ കൊണ്ട് അങ്ങനെ മാറ്റിക്കാൻ പണ്ഡിതന്മാരായ ഇങ്ങനെയുള്ള ഓരോരോ വ്യക്തികൾ വിചാരിച്ചത് അതാണ് നമ്മുടെ ചരിത്രം എന്ന് പറയും അല്ലാതെ ഒരു രാജാധിപത്യത്തിൽ ജനങ്ങൾക്ക് വലിയ സ്വാധീനമൊന്നുമില്ല അത് ജനാധിപത്യത്തിലേക്ക് വരുന്നു അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും അങ്ങനെ തന്നെ വരുന്നു ക്രിസ്തുമതം പ്രചരിപ്പിച്ചതും അങ്ങനെയാണ് രാജാവ് ക്രിസ്തു മതം സ്വീകരിച്ചത് ഇസ്ലാം മതം പ്രചരിപ്പിച്ചതും അങ്ങനെ തന്നെ അത് സ്വീകരിച്ച ജനങ്ങളും സ്വീകരിച്ചേ പറ്റും ഇന്ത്യയിൽ മാത്രമുള്ള ഒരു സംഭവം അതുകൊണ്ട് രാജാക്കന്മാരെ പ്രചരിപ്പിച്ചു അപ്പോ രാജാക്കന്മാരെ സ്വാധീനിപ്പിച്ചോ ഈ വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നത് അതാണല്ലോ ഇപ്പൊ ബുദ്ധമതം പോലും പ്രചരിപ്പിച്ചത് രാജാക്കന്മാരെ ഏറ്റെടുത്തപ്പോഴാണ് ബുദ്ധമതത്തിന് പ്രചാരമാണ് പഴയ കാലത്ത് മതങ്ങളും അങ്ങനെയാണ് അല്ലെങ്കിൽ ബുദ്ധമതം പ്രചരിക്കത്തില്ല ജനങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്ന് വിചാരിച്ച് അത് സ്വീകരിക്കാൻ പറ്റത്തില്ല അത് വഴികളൊന്നും വന്നില്ല അപ്പോ ഈ രണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ബ്രഹ്മക്ഷത്രങ്ങൾ എല്ലാ കാര്യങ്ങളും പഴയകാലത്ത് ഭാരതത്തെ നിയന്ത്രിച്ചിരുന്നു പ്രധാനമായിട്ടും അപവാദം ഉണ്ടായിരുന്നു ബ്രാഹ്മണനും ക്ഷത്രിയനും കൂടെ ചേർന്നിട്ടാണ് ബ്രാഹ്മണൻ മാത്രമാണ് ബ്രാഹ്മണനും ക്ഷത്രിയയിലും കൂടെ ചേർന്നാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത് അപ്പൊ ക്ഷത്രിയും ഭരിക്കുന്നു ബ്രാഹ്മണ ഉപദേശിക്കുന്നു അതനുസരിച്ചാണ് ഇവിടെ വർണ്ണാശ്രമ വ്യവസ്ഥയെല്ലാം നടപ്പിലാക്കിയത് പിന്നെ ഇന്ന് ഇത് എന്താണ് അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്ന പുതിയ പുതിയ എന്താണ് ബുദ്ധിജീവികളൊക്കെ വരുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും ജനപിന്തുണ കിട്ടത്തില്ല ഇന്ന് ജനപിന്തുണ എന്ന് പറയുന്നത് വളരെ ഒരു നിർണായകമാണ് എത്ര ബുദ്ധിജീവിയായിരുന്നാലും ശരി ജനപിന്തുണ കിട്ടിയില്ലെങ്കിൽ ആശയം പ്രചരിക്കത്തില്ല ഇന്ന് അത് മാറി ഞങ്ങൾ സ്വീകരിക്കണമെന്ന് എന്നാലേ പ്രചരിക്കും അന്നത് വേണ്ട രാജാവ് സ്വീകരിച്ച അപ്പോൾ ഇവിടെ പറയുന്ന ഞാൻ പറഞ്ഞതാണ് ഈ വ്യവഹാര പരമ്പര രാമനോട് പറയുന്ന എന്താണ് നിന്റെ പ്രവൃത്തികൾ നിനക്ക് തുടർന്നും ചെയ്തു പോകാം എന്താണ് അതാണ് അപ്പം നിജാം വ്യാഖ്യാനത്തെ പറയും സ്വവർണ്ണ ആശ്രമം ഉചിതമാണ് സംസ്കൃത വ്യാഖ്യാന വ്യാഖ്യാതാക്കൾക്ക് എപ്പോഴും എവിടെയും ഈ വർണ്ണ ആശ്രമം വിട്ടൊരു കാരണം അതൊരു യാഥാർത്ഥ്യമായിരുന്നു അതുകൊണ്ട് അവരങ്ങനെ എഴുതുന്നത് ഈ ആധുനിക ബുദ്ധിജീവികളാണ് ഇതിങ്ങനെയൊന്നും അല്ല എന്ന് വരുത്തി തീർ തീർക്കാൻ ശ്രമിക്കുന്നത് അത് പൊളിറ്റിക്സാണ് പക്ഷേ ഇതൊക്കെ എന്നും എന്താണ് തെളിവുകളായ വിശേഷം അപ്പൊ രാമൻ്റെ രാമനോട് വിശ്വാമിത്രനും പറയുന്ന എന്താണ് ഈ നിൻ്റെ ഭരണ ആശ്രമ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കണം അതിനുവേണ്ടി വിരക്തിയിൽ നിന്ന് പിന്മാറുന്നു എന്നാൽ അത് അതിനെ പൂർണ്ണമായൊരു അദ്വൈത ജ്ഞാനത്തിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് ഇപ്പൊ ജനകനെ പോലെ രാമന് ജീവിച്ചു എന്നാണോ ഇതിൽ പറയുന്നത് അങ്ങനെയല്ല പൂർവരാമായണത്തിൽ അല്ലെങ്കിൽ മൂലരാമായണത്തിൽ പറയുന്നു ജനകനെ കുറിച്ച് പറയുന്നത് പുതിയ അദ്വൈതജ്ഞാനത്തിൻ്റെ ഉത്തമമായ ഒരു മാതൃകയായിട്ടാണ് അങ്ങനെ ഒരു അദ്വൈതജ്ഞാനത്തിൻ്റെ ഉത്തമം മാതൃകയായിട്ട് മൂലരാമായണത്തിൽ രാമൻ ഒരിടത്ത് അവതരിപ്പിക്കുന്നുണ്ട് മറിച്ച് അജ്ഞാനിയായിട്ടും കരയുന്നവനായിട്ടും ഒക്കെ നിരവധി തവണ പറയുന്നുണ്ട് അവതാരമാണെന്ന് പറയുന്നത് പക്ഷേ അത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ ശാപം കൊണ്ട് അജ്ഞാനിയായി അവതരിച്ചു എന്നാണ് പറയുന്നത് അത് തന്നെയാണ് മൂല്യരാമായണത്തിൻ്റെ നിലപാട് ഇവിടുത്തെ രാമൻ അങ്ങനെയല്ല ഇവിടുത്തെ രാമൻ പൂർണ്ണപ്രജ്ഞനായിട്ട് അങ്ങനെ ജീവിച്ചു എന്നാണ് പറയും ഈ രാമൻ എവിടെ പോയി പഴയ രാമായണത്തിൽ പക്ഷേ ഇത് അങ്ങനെ ഒരു രാമനെയാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ച് വ്യവഹാരത്തിൽ വ്യവഹാരത്തെ തുടരുക അതാണ് പറയുന്നത് സന്യാസത്തിലല്ല അതാണ് അവിടെ പറയുന്നത് ഭവിഷ്യതി മഹാസത്വ ജ്ഞാതലോക പരാവര സുഖദുഃഖ ദശാഹീന സമനോഷ്ടാശ്മഞ്ജന ഇതാണല്ലോ ജ്ഞാനത്തിൻ്റെ പരമകാഷ്ട അവസാനം രാമനെ അവതരിപ്പിക്കുന്നു അങ്ങനെ പഴയ രാമനല്ല പഴയ രാമായണത്തിലുള്ള രാമനല്ല എങ്ങനെ ഭവിഷ്യതി മഹാസത്വം മഹാജ്ഞാനിയായി തീരും നീ വിശ്വാമിത്രം പറയുകയാണ് ജ്ഞാതലോക പരാവരഹ പരാവര പറയും സർണ്ണ ഉപനിഷത്തി വരുമ്പോൾ ഭാഷകാരനൊക്കെ വ്യാഖ്യാനിക്കുന്നത് കാരണ ബ്രഹ്മു കാര്യബ്രഹ്മു കാര്യകാരണങ്ങൾ എന്നുള്ള അറിയുന്നവനായി അപ്പോൾ കാര്യമായിരിക്കുന്ന ഈ പ്രപഞ്ചം അതിൻ്റെ കാരണമായിരിക്കുന്ന ബ്രഹ്മം അതിനറിയുന്നവനായി അപ്പോൾ അദ്വൈത രീതിയിൽ പറഞ്ഞാൽ ഈ കാര്യമായിരിക്കുന്ന പ്രപഞ്ചത്തെ കാരണത്തിൽ നിന്ന് അനന്യമായി അറിയുന്നവനായി സർവം ഖലിതം ബ്രഹ്മ എന്നറിയുന്നവനായി അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം അദ്വൈതമനുസരിച്ച് സുഖദുഃഖദശാഹീന സുഖദുഃഖദശ എന്ന് പറയുന്ന എന്താണ് സുഖവും ദുഃഖവും ഒന്നും ബാധിക്കാത്തതായ അവസ്ഥയാണ് ഇത് സുഖ ദുഃഖ ദശാഹീനായി മുക്തൻ സമലോഷ്ടാസ്മകാഞ്ജന ഇതാണ് സമബുദ്ധിയോടുകൂടി സമലോഷ്മലോഷ്ടാസ്മകാഞ്ജനായി മൺകട്ടയിലും സ്വർണത്തിലും സമബുദ്ധിയുള്ളവനായി എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ കേട്ടിട്ടുള്ളത് ജനകനിലാണ് ജനകന്റെ ബുദ്ധിയുള്ളവനായി നീ മാറിത്തീരും ഇപ്പോഴത്തെ ഈ കൺഫ്യൂഷൻ എല്ലാം മാറിത്തീരും അപ്പൊ അങ്ങനെയുള്ളൊരു രാമൻ എന്ന് പറയുന്നത് മുക്തനാണ് ഇവിടെ പറയുന്നത് അങ്ങനെ തന്നെയാണ് അവസാനം വരെ അവതരിപ്പിക്കുന്നത് മുക്തനായിരിക്കുന്ന രാമൻ അങ്ങനെ മുക്തനായിരിക്കുന്ന രാമന് സ്വർഗാരോഹണത്തിന് വേണ്ടി സരയി നദിപ്പോയി മുങ്ങേണ്ട ആവശ്യം അങ്ങനെയാണ് പൂർവരാമായണത്തിൽ രാമന്റെ അവസാനം അത് ഇതും കൂടെ യോജിക്കത്തില്ല മുക്തൻ ഒരിക്കലും മുങ്ങത്തല്ല എന്തുകൊണ്ട് സുഖദുഃഖ ദശാഹീനാണ് സംസാരത്തിൽ മുഴുകാത്തവനാണ് ും രണ്ടാണ് അപ്പോൾ ഇതിനിങ്ങനെ ഒരു പശ്ചാത്തലം കൂടെയുണ്ട് ഒരു ചരിത്ര പശ്ചാത്തലം കൂടെയുണ്ട് ബുദ്ധനെ തുടങ്ങി ശങ്കരാചാര്യർ വന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഗ്രഹസ്ഥന്മാർക്കിങ്ങനെ ഒരു അവകാശം തത്വജ്ഞാനത്തിന് അങ്ങനെ ഗാർഹസ്യം ഉപേക്ഷിക്കാതെ അതാണ് ഇത് കൊടുക്കുന്നത് അതൊരു മോശം കാര്യം തന്നെ ഞാൻ പറയും ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട് ഇതിൽ നല്ലതോ മോശമോ എന്നുള്ള ഇത് ഞാൻ മനസ്സിലാക്കിയ രീതി പറയുകയാണ് നല്ലതും മോശവും ഒന്ന് ഞാൻ വിധി എഴുതിയതായിട്ട് നിങ്ങൾ കരുതരുത് ഇതിങ്ങനെയൊക്കെയാണെന്ന് പറയുകയാണ് നല്ലതാകാം മോശമാകാം കേട്ടല്ലോ ശങ്കരങ്ങുന്നുണ്ട് അവിടെയാ പ്രശ്നം ശങ്കര പരമ്പര വന്ന് എന്ത് ചെയ്തു ജ്ഞാനത്തിൻ്റെ മൊത്ത കച്ചവടം സന്യാസിമാരെ ഏറ്റെടുത്തു ഉപദേശിക്കുന്ന സന്യാസിയായിരിക്കും കേൾക്കുന്നവൻ എന്താകണം സന്യാസിയാകണമെന്നുള്ളൊരു ധാരണമാണ് അപ്പൊ അതിൻ്റെ ഒരു പൊളിച്ചെഴുത്താണിത് അതിൻ്റെ ആവശ്യമുണ്ട് എന്താണ് പറഞ്ഞത് വ്യവഹാര പരമ്പരാ വ്യവഹാരത്തിൽ തന്നെ തുടരാം എന്ന് പറയും അപ്പോൾ പഴയ ഉപനിഷത്തിലെ ആ യശുമാരുടെ അതിനെ വീണ്ടും തിരിച്ചുകൊണ്ടുവരികയാണ് അല്ലെങ്കിൽ ജനകനെ തിരിച്ചുകൊണ്ടുവരികയാണ് അതാണ് കൂടെ സംഭവിക്കുന്നത് അതിവിടെ വളരെ മനോഹരമായി അത് വർണ്ണിച്ചിട്ടുമുണ്ട് യുക്തി യുക്തമായിട്ട് അതിലും ദോഷമൊന്നുമില്ല അതായത് ഒന്നെങ്കിലും ഒരാൾക്ക് ഗൃഹസ്ഥനായിരുന്നു തത്വജ്ഞാനിയായി അങ്ങനെ ജീവിക്കാം കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ശങ്കരായർ പറഞ്ഞതുപോലെ സർവസംഘ പരിത്യാഗിയായി അങ്ങനെ ജീവിക്കാം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങൽ ഞെരുവിരി കൊള്ളരുത് അത് വരാൻ പാടില്ല അപ്പൊ ഈ രണ്ടു വഴിയും നല്ലത് തന്നെയാണ് പക്ഷേ കാലം മാറിയപ്പോൾ എന്താണ് ഇത് രണ്ടും പോയി ഇന്നിപ്പോൾ ഇത് രണ്ടുമില്ല ചെടിക്ക് പറഞ്ഞു ഇന്നിപ്പോൾ ഈ വേഷഭൂഷാദികളിലൊക്കെയുള്ളൂ സന്യാസി ഈ ജനകൻ എന്നൊക്കെ പറയുന്നത് കഥകളിലേ ഉള്ളൂ പ്രായോഗികമായി രണ്ടുമില്ല എന്തായാലും ഇത് വിശ്വാമിത്രം ഇതെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോ എന്താണ് രാജാവ് എന്ത് ചെയ്തു ദൂതന്മാരെ വിട്ടു ഇത് രാമന് വേണ്ടി പറയുന്നതാണെങ്കിൽ ദശരഥനോടെ പറയുന്നു അപ്പോൾ ദശരഥൻ എന്ത് ചെയ്തു ദൂതന്മാരെ വിട്ടു രാമൻ അവിടുന്ന് തയ്യാറായി രാമൻ വന്നു അപ്പോൾ പിതാവിനെ കണ്ടു എന്താണ് പ്രശ്നം ചോദിച്ചു അപ്പോൾ രാമൻ എന്ത് ചെയ്തു ഉടനെ രാമൻ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം രാജാവ് സംസാരിച്ചു ദശരഥൻ എന്താ നിനക്ക് പറ്റിയത് അപ്പോൾ വശിഷ്ടം ചോദിച്ചു എന്താണ് വിഷയം വിശ്വാമിത്രൻ ചോദിച്ചു നേരിട്ട് എന്താണ് നിന്റെ വിഷയം മൂന്ന് പേരും ചോദിച്ചു ഇത് മൂന്നും കേട്ട് കഴിഞ്ഞപ്പോ രാമൻ എന്ത് ചെയ്തു അവരോടും മറുപടി പറഞ്ഞു അതാണ് പന്ത്രണ്ടാം സ്വർഗം അപ്പോൾ പറഞ്ഞു ശരി രാമന് യാതൊരു സംശയമില്ല ഇതിന് ഈ പന്ത്രണ്ടാം സ്വർഗത്തിന് പേര് കൊടുത്തിരിക്കുന്ന പരിതാപം പ്രഥമ പരിതാപ എന്നാണ് രാമൻ്റെ ഒരു എന്ന് വേണമെങ്കിൽ പറയാം ആധി എന്ന് പറയുന്നത് എന്താണ് ഒരു ആത്മീയമായ ആധിയാണ് അപ്പോൾ അത് ആദ്യം പറയുന്നു ഞാൻ ഈ കൊട്ടാരത്തിൽ ജനിച്ചു വിശ്വാമിത്രനോട് പറയുകയാണ് എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയണം പ്രധാനമായിട്ടും വിശ്വാമിത്തനോട് വളർന്നു വിദ്യാഭ്യാസം ചെയ്തു മര്യാദയ്ക്ക് ജീവിച്ചു വിശ്വാമിത്തനോട് പറയാം ഇതിനിടയ്ക്ക് ഞാനൊരു തീർത്ഥാടനത്തിന് കൂടി അതോടുകൂടി ആ പ്രശ്നമെല്ലാം കുഴഞ്ഞു തീർത്ഥാടന പോയപ്പോ എന്ത് സംഭവിച്ചു പന്ത്രണ്ടിലഞ്ച് ഏതാവ ഏതാവധ അധകാലേന സംസാരാസ്ഥാം ഇമാം ഹരൻ സമുഭൂതോ മനസ്സിമേ വിചാര സ്വയം ഈ ദൃശ്യം ഞാൻ ഈ തീർത്ഥയാത്രയൊക്കെ നടത്തി മടങ്ങി വന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇമാം സംസാരാസ്താം ഹരൻ സംസാരാസ്ഥയെ അപഹരിച്ചുകൊണ്ട് സംസാരാസ്ഥ എന്ന് പറയുന്നത് എന്താണ് മനുഷ്യരെല്ലാം സംസാരാസ്ഥാന്ന് വിശ്വാസമാണ് സംസാരാസ്ഥയിലാണ് വിശ്വ ജീവിക്കുന്നത് സംസാരാസ്ഥ പ്രകൃതി നിയമങ്ങളിൽ കർമ്മ നിയമങ്ങളിൽ കർമ്മം ഫലം ഇത്തരം കാര്യങ്ങളിൽ ഇതിലെല്ലാത്തിനും വിശ്വസിച്ചുകൊണ്ട് ആണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചത് എന്നത് നേരണമെങ്കിൽ എന്നത് ചെയ്യണം ഉദ്യോഗം കിട്ടണമെങ്കിൽ പഠിക്കണം ഇതുപോലെയുള്ള ചിന്തകളാണ് സംസാരാസ്ഥ അപ്പോ ഇതിനെ അപഹരിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചോ സമത്ഭൂതോ മനസ്സിമേ വിചാര സ്വയം എൻ്റെ ഉള്ളിലൊരു വിചാരം ഉണ്ടായി എന്ന് ഈ വിശ്വാസത്തെ നശിപ്പിക്കുന്ന ൗകിക ജീവിതത്തിലുള്ള വിശ്വാസത്തെ നശിപ്പിക്കുന്ന ഒരു വിചാരം എൻ്റെ ഉള്ളിലുണ്ടായി ആധ്യാത്മികമായി വരുന്ന സ്വാഭാവിക ചിന്തയാണ് ആർക്കും വരാവുന്ന ചിന്തയാണ് ഈ എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് പോലെ ലൗകികമായ ഒരു ജീവിതത്തിന് മുമ്പോട്ട് മുമ്പോട്ട് പോകണമോ പോകണ്ടേ എന്നുള്ളത് അത് സാധാരണ മനുഷ്യന് പലതരത്തിനും വരാം പെട്ടെന്ന് തൻ്റെ മനസ്സിനെ മതിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവ വികാസം ഉണ്ടായാൽ അത് മതി എന്തെങ്കിലും ബാഹ്യമായ നിമിത്തം പക്ഷെ രാമൻ അങ്ങനെയൊന്നുമല്ല ഉണ്ടായത് എങ്ങനെയാണ് രാമൻ ഉണ്ടായത് മേ വിചാര വിചാരമാണ് ചിന്തയാണ് ഉണ്ടായത് രാമൻ ചിന്തിച്ചുതിനെക്കുറിച്ച് കുറച്ചു കാലം ചിന്തിച്ചു എന്നാണല്ലോ പറയുന്നത് ഇങ്ങനെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ചിന്തിച്ചു ചിന്തിച്ചുമാണ് ഈ അവസ്ഥയിലെത്തിച്ചേർന്ന് പറഞ്ഞല്ലോ ശരീരമൊക്കെ വളരെ വളരെ ക്ഷീണിച്ചു ശോകാകുലനായി തീർന്നത് ചിന്ത കൊണ്ടാണ് രാമൻ സ്വയം പറയുകയാണ് ഇതായത് അഹം മുനി എന്ന് മുനിയെ ചെയ്തുകൊണ്ട് പറയുകയാണ് എന്നിട്ട് പറയുന്നു വിചാരോ അയം ഈ ദൃശ്യം ഇങ്ങനെയുള്ള വിചാരം ഉള്ളിലുണ്ടായി എന്ന് പറഞ്ഞ് ആ വിചാരത്തെ അടുത്ത് പ്രകടിപ്പിക്കുകയാണ് അത് അങ്ങനെ ഒരു വിചാരം കൊണ്ട് എന്താ സംഭവിച്ചത് അടുത്ത് പതിനാറിൽ പറയും ഏവം വിമർശതോ ബ്രഹ്മൻ സർവേശ്വ തത്വവും മമ ഭാവേഷു അരതിരായാത പതിഹസി മനുഷ്യ ഞാൻ ഈ ലോകത്തോട് തന്നെ വിരക്തനായി ഒന്നിനോടും താല്പര്യമില്ലാത്ത എന്തുകൊണ്ട് വിചാരം കൊണ്ടാണ് അത് സംഭവിച്ചത് അപ്പൊ വിരക്തി ഇവിടെ പറയുന്ന ഒരു പ്രധാനമായ ഒരു കാര്യമാണ് വിരക്തി എന്ന് പറയുന്ന ശരിയായ വിചാരദാർഘ്യം കൊണ്ടുണ്ടായിരുന്നെങ്കിൽ ഏത് നിമിഷവും അത് നഷ്ടപ്പെട്ടു പോവാം അത് ഉള്ളിൽ ഉറക്കണം രാമൻ അങ്ങനെയാണ് ഉണ്ടായത് പിന്നെ തത്വജ്ഞാനം എന്ന് പറയുന്നതിൻ്റെ ദിശയെ തിരിച്ചു കിട്ടുന്നേ ഉള്ളൂ വിരക്തി ഒന്നും മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഇവിടുത്തെ രാമൻ എന്താണോ ജനകനെ പോലെ തന്നെ ജീവിച്ചത് ഒന്നിനോടും ആസക്തിയില്ലാതെ നിസ്സംഗനായി ഇതില്ല രാമൻ രാജ്യം ഭരിക്കുക ചെയ്യുന്ന പിന്നീട് അപ്പോ വിചാരം ചെയ്ത് വിരക്തിയിലേക്ക് അത് നയിച്ചു എങ്ങനെയുള്ള വിചാരം അതാണ് ആറിൽ പറയുന്നത് ഭോഗ നീരസയാ വിചാരിതവാനിതം കിന്നാമേതം ഗതസുഖം ഏയും സംസാര സന്തതി ഭോഗീരസയാ ബുദ്ധ്യ എനിക്ക് പിന്നെ ഈ ലൗകികമായ വിഷയങ്ങളിലൊന്നും യാതൊരു താല്പര്യമുണ്ടായി ഭോഗനീരസമായി നീരസം എന്ന് പറഞ്ഞാൽ ആ നമ്മൾ നീരസം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോടൊരു നീരസം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെറുപ്പുണ്ടെന്നാണ് നീരസം ദേഷ്യം ഇവിടെ അതല്ല നിരുരസമാണ് നിരുരസം എങ്ങനെയാണ് നീരസമാണ് രോരി രോരി കഴിഞ്ഞിട്ട് ആഹാ ആലോചിച്ച് പറയണം പെട്ടെന്ന് എന്തെങ്കിലും പറയണം രോരി കഴിഞ്ഞെടുത്ത് വരുന്നു ലോകപ്പുറവേ ഇപ്പോ അണഹ നിരല് രേഖ ലോപിച്ചിട്ട് നീക്ക് ദീർഘം വന്നു നീ നീരസ എന്ന് പറയും അന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞാണ് ലോകം വന്നു കഴിഞ്ഞാൽ അണ്ണിന് ദീർഘം വരും അപ്പോൾ നീരസമായി നീരസയ ബുദ്ധിയ താല്പര്യമില്ലാതായി ഭോഗങ്ങളിൽ സുഖങ്ങളൊന്നും അനുഭവിക്കുന്നതിന് ലോകത്തോടെ തന്നെ താല്പര്യമില്ലാതെയായി അങ്ങനെയുള്ള ഒരു ബുദ്ധി കൊണ്ട് പ്രവിചാരിതവാനിതം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ശരിയായ രീതിയിൽ ചിന്തിച്ചു അതാണ് പ്രവിചാരിതവാൻ ഞാൻ ശരിയായ രീതിയിൽ ചിന്തിച്ചു എന്താണ് കിം നാമേതം ഈ കാണുന്നൊക്കെ ഇതൊക്കെ എന്താണ് ഈ കോലാഹലങ്ങൾ കാരണം കൊട്ടാരത്തിലാണ് ജീവിക്കുന്ന അവിടെ യാതൊരു കുറവുമില്ല എല്ലാ സുഖഭോഗങ്ങളും സൗഭാഗ്യങ്ങളുമുണ്ട് കിം നാമേതം സുഖം എന്താണ് ഈ സുഖം എന്ന് പറയുന്നത് സുഖത്തിനോടാണല്ലോ താല്പര്യമില്ലാതെ തോന്നുന്നത് ഇതിലൊക്കെ അർത്ഥമുള്ളത് ബതാന്ന് പറഞ്ഞ സാറിന കഷ്ടമൊന്നും ആശ്ചര്യത്തെ തോൽപ്പിക്കാനോ കഷ്ടത്തെ ദൈന്യതയെ ബോധിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു അഭ്യയമാണ് അതിനെന്തർത്ഥം വേണോ പറയാം എന്നൊക്കെ പറയുന്നു ഏയും സംസാര സംഗതി എന്താണ് ഈ സംസാര സന്തതി സംസാര പ്രവാഹം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ എന്താണ് ജീവിതം അതേന്ന് സംസാരം വേണം ജീവിതത്തിനെന്താ ഈ ജീവിതത്തിൽ എന്താ അസുഖം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അപ്പോ വിഷയങ്ങളോട് വിരക്തി വരുന്നു ഉടൻ ചിന്തയും വരുന്നു അതിൻ്റെ നിസ്സാരതയെക്കുറിച്ച് എന്തിക്കും ജായതേ മൃതയെ ലോകോ നൃതയെ ജനനായ അസ്ഥിര സർവയേ ഇമേരാ ചര ചേഷ്ടിതാ അത് തൻ്റെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് പണ്ട് ബുദ്ധൻ പറഞ്ഞതുപോലെ ബുദ്ധനിൽ നിന്നാണിത് വന്നത് ജായതേ മൃതയെ ലോക്കുക ജനങ്ങളെല്ലാം ജനിക്കുന്നു എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് ജനിക്കുന്നു മൃതയെ മരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെന്തിനാണ് ജനിക്കുന്നത് കാരണം ജനിച്ചു കഴിഞ്ഞാൽ ഉറപ്പുള്ള കാര്യം മരണമാണ് അപ്പം ജനിക്കുന്ന മരിക്കാൻ വേണ്ടിയിട്ടാണ് മുറിയതെ ജനനായ ജാം മരിക്കുന്നതിന് വേണ്ടി ഇനി വീണ്ടും ജനിക്കാൻ പുനർജന്മത്തെ വിശ്വസിക്കുന്നവരാണ് അസ്ഥിരാ സർവൈവേ സചരാചര ചേഷ്ഠിതാ ഈ ചരാചര പ്രവൃത്തികൾ തൻ്റെ ചുറ്റും നടക്കുന്ന മനുഷ്യന് വേണ്ടി മാത്രം പറഞ്ഞാൽ ആപതാം പതയ പാവ ഭാവ വിഭവഭൂമയ അസ്ഥിരാസ്രവയേ വേമേ നേരത്തെ പറഞ്ഞതിൽ തുടർച്ചയാണ് ഒന്നിനിവിടെ ഒരു സ്ഥിരത കാണുന്നില്ല പുതിയ ഭാഷയിൽ പറഞ്ഞതേ ബുദ്ധൻ പറഞ്ഞു അങ്ങനെയാണ് സർവം ക്ഷണികം ക്ഷണികം എല്ലാം നശിച്ചുകൊണ്ടേയിരിക്കുന്നു സർവം ചലം ചലം അസ്ഥിരമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഗുടിയും പറയും ആശയം അത് തന്നെയാണ് അസ്ഥിര സർവയേവേമേ ഇതെല്ലാം അസ്ഥിരമാണ് സരാചരചേഷ്ഠിതാഹ ഈ സർവചരാചരങ്ങളെ മനുഷ്യൻ്റെ മാത്രം പറയുന്നു ഇവിടെ പ്രവൃത്തികൾക്കൊന്നും ഒരു സ്ഥിരതയില്ല കാരണം പ്രവൃത്തികൾ കൊണ്ടൊന്നും ഒന്നിനെയും ഇവിടെ സ്ഥിരമായി നിർത്താൻ കഴി സാധിക്കുന്നില്ല എല്ലാത്തിനും നാശം സംഭവിക്കുന്നു ആപത്താം പതയ ആപത്തുകളുടെയെല്ലാം പതിയാണ് ഉടമസ്ഥനാണ് സ്വാമിയാണ് വിഭവഭൂമയ പാപാ ഭാവാഹ പാപത്തെ ഉണ്ടാക്കുന്നവയായ വിഭ വിഭവ ഭൂമി ഭോഗ്യഭൂമികൾ വിഷയങ്ങൾ വിഷയഭാവങ്ങൾ വിഷയപദാർത്ഥങ്ങൾ ഭോഗ്യ വിഷയങ്ങളായിരിക്കുന്ന ഈ പദാർത്ഥങ്ങളെല്ലാം തന്നെ ആത്യന്തികമായി പാപത്തെ ഉണ്ടാക്കുന്നത് പാപ എന്ന് വെച്ചാൽ പാപത്തെ ഉണ്ടാക്കുന്നു എന്നാണ് അതുകൊണ്ട് അത് പ്രത്യേകിച്ചും അന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അന്ന് കൂടുതലും രാമൻ്റെ കാലം എന്നൊക്കെ പറയുന്ന യാഗങ്ങളും യജ്ഞങ്ങളുമൊക്കെ മനുഷ്യർ അനുഷ്ഠിക്കുന്നതാണ് അതാണ് വിഭവഭൂമികൾ എന്താണ് അതാണ് ആത്യന്തികമായി സുഖം സ്വർഗം പോലെയുള്ള സുഖങ്ങളെ കൊടുക്കുന്ന അതാണ് ആത്യന്തികമായി ഹിംസയും മറ്റുള്ളതുകൊണ്ട് ഇതൊക്കെ പാപത്തെ ഉണ്ടാക്കുന്നവയാണ് പ്രധാനമായിട്ടും അതാണല്ലോ അന്നത്തെ കർമ്മം പിന്നെ രാജ്യം ഭരണം യുദ്ധം മനുഷ്യരെ കൊല്ലുക ഇതൊക്കെ ആത്യന്തികമായി എന്താണോ ആപത്താമ്പതികളാണ് ആപത്തുകൾക്ക് ഉറവിടമാണ് ഇതാണ് എൻ്റെ ചിന്ത ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണല്ലോ അപ്പോ തൻ്റെ ഭാവിയെക്കുറിച്ച് തൻ്റെ ചുറ്റുപാട് എന്താ നടക്കുന്നൊക്കെ ഒരു യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളോ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞയാളും സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് ാകാ സദൃശ പരസ്പര പരസ്പരം അസങ്കിനഷ്യന്ദേ കേവലം ഭാവ മനക്കൽപ്പനയാ സ്വയ പറയും അയശലാകാ സദൃശ സൂചികൾ അയശലാക എന്ന് വെച്ചാൽ ഇരുമ്പുകൊണ്ടുണ്ടാക്കുന്ന ചെറിയ ഇരുമ്പ് ഭക്ഷണങ്ങൾ പരസ്പരം അസങ്കിന അത് നമ്മൾ കൂട്ടിയിട്ട് ആണിയണം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല പരസ്പരം ബന്ധമില്ലാത്തവയാണ് വിഷയങ്ങൾ ഇതിലുള്ളൊരു വലിയ അശയമാണ് പറയുന്നത് സൃഷ്യന്റെ കേവലം ഭാവ മനക്കൽപ്പനയാ സ്വയം അവനവന്റെ മനക്കൽപ്പന കൊണ്ട് ഇങ്ങനെയെല്ലാം കൂട്ടിച്ചേർത്ത് മനുഷ്യൻ അനുഭവിക്കുന്നു ദുഃഖത്തെ എന്നുകൂടെ ഞാൻ മനസ്സിലാകും ഭാവങ്ങളെല്ലാം ഇരുമ്പ് ആണികൾ പോലെ പരസ്പരം തുടാതെ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്ന അല്പം ഭാവനോടുകയാണ് അതായത് നമ്മൾ പഞ്ചന്ദ്രിയങ്ങളിലൂടെയാണ് പഞ് ഈ വിഷയങ്ങളൊക്കെ ഇരിക്കുന്നത് ശബ്ദ സ്പർശ രൂപരസം ഇതിൻ്റെ പ്രത്യേകത എന്താണ് കണ്ണുകൊണ്ട് കാണുന്നതിന് ചെവികൊണ്ട് കേൾക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു കാണുകയും ചെയ്യുന്നു കേൾക്കുകയും ചെയ്യുന്നു അപ്പൊ ആരാ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു മനസ്സ് പിന്നിൽ നിന്നാണ് ഇതിനെ കൂട്ടിച്ചേർക്കുന്നത് വാസ്തവത്തിന് ഇത് കൂടിയല്ല ഇരിക്കുന്നത് ശബ്ദം വേറെയിരിക്കുന്നു രൂപം വേറെയിരിക്കുന്നു ഇതുപോലെ സർവവും സ്പർശവും രസവും ഗന്ധവും എല്ലാം ഇതാണ് ഈ വിഷയങ്ങളെന്ന് പറയുന്നത് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെല്ലാം തന്നെ പരസ്പരം വിമേറെയിരുന്നു അത് ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങളോ അതും പരസ്പരം സഹകരിക്കാതെ ഒന്നിനൊന്നിനെ കണ്ടുകൂട അല്ലേ കാണുമ്പോൾ ചെവിയാലെ സഹായിക്കില്ല കണ്ണിനു കാണാനേ പറ്റൂ ചെവിക്ക് കേൾക്കാനേ പറ്റൂ ഇങ്ങനെ ഇരുന്നിട്ടും അതുകൊണ്ട് വിഷയങ്ങൾ എന്താണ് ഇവിടെ ചിന്ന ഭിന്നമായി കിടക്കുകയാണ് അന്ന് ഈ വിഷയങ്ങളൊന്നും തന്നെ മനുഷ്യൻ അനുഭവയോഗ്യമല്ല ഇത് കൂട്ടിച്ചേർത്താലേ അനുഭവിക്കാൻ പറ്റും ഇത് കൂട്ടിച്ചേർത്ത് അനുഭവിക്കുന്ന ആരാണ് പിന്നിലുള്ള മനസ്സ് മനസ്സിൻ്റെ പണിയാണ് അപ്പൊ വിഷയങ്ങളെ മനുഷ്യന് അനുഭവയോഗ്യമാക്കി തീർക്കുന്നത് മനസ്സെന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ രാമൻ എത്രമാത്രം ചിന്തിച്ചിരിക്കുന്നു ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇല്ല അതാണ് പറയുന്നത് ശൃഷ്യന്റെ ഭാവാഹ കേവലം സ്വയാമനക്കൽപ്പനയാ വെറും തൻ്റെ മനസ്സിൻ്റെ കൽപ്പനകൾ കൊണ്ടാണോ എന്ത് ചെയ്യുന്നത് രസനേന്ദ്രിയുണ്ട് അവിടെ അതിന് രസത്തെ ഗ്രഹിക്കാനുള്ള ശേഷിയുമുണ്ട് മനസ്സില്ലെങ്കിൽ മനസ്സില്ലെങ്കിൽ എങ്ങനെയാണ് രസം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നു അപ്പോൾ രസവും ഗന്ധവും ഒരേ സമയം ആസ്വാദിക്കണമെങ്കിൽ എന്ത് വേണം അവിടെ മനസ്സ് വേണം അതാണ് നമ്മൾ മണത്ത് നോക്കിയിട്ട് കഴിക്കുന്നത് അത് പട്ടിയും പൂച്ചയും പശുവിനെയൊക്കെ പോലെ തന്നെ അതും എന്താ ചെയ്യുന്നത് മണത്തിറ്റാ തന്നുന്നത് അല്ലേ നമുക്കെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്തുകൊണ്ട് മനസ്സാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഇല്ലെങ്കിൽ ഇതൊന്നും തന്നെ നമുക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ അനുഭവങ്ങൾ വിശകലിതങ്ങളായി പോകുന്നു ചിഹ്നഭിന്നങ്ങളായിപ്പോ നമുക്ക് ശരിക്കും ഒന്നിനെ ആസ്വദിക്കാൻ പറ്റത്തില്ല ഇത് രാമൻ മനസ്സിലാക്കി ചെറിയ പയ്യനായന എന്താ എന്ത് വിവരമാണെന്ന് ചിന്തിച്ചു അതാണ് ശിഷ്യന്തേ കേവലം ഭാവ മനക്കൽപ്പനയാസ് സ്വന്തം മനക്കൽപ്പന കൊണ്ടാണ് ഈ ഭാവങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്ത് അനുഭവിക്കുന്നത് അതുകൊണ്ടെന്താ മനസ്സമായത്വമിതം ജഗത് ആ ഭോഗ്യ ദൃശ്യത മനസ്ച അസതിവാഭാഗി കേനസ്മ പരിമോഹിത ഇവിടെ ആകെ ആശയക്കുഴപ്പത്തിലായി അവസാനം എന്താ പറയുന്നത് മനസ്സമായത്വമിതം ഇതം ആ ഭോഗതി ജഗത് മനസ്സമായത്വം ദൃശ്യത ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ ഭോഗി ഭോഗം അസ്യാസ്തീതി ഭോഗി ഭോഗമുള്ളതാണ് എന്ന് വെച്ചാൽ ഭോഗ്യമായ വിഷയങ്ങൾ നിറഞ്ഞതാണ് എന്ത് ഈ ലോകം ഈ പ്രപഞ്ചം ജീവൻ അനുഭവിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ആ ഭോഗിയാണ് മതു പ്രത്യമാണ് മതുപ്പ് യാഥാർത്ഥത്തിലൊക്കെ വരുന്നത് പഠിച്ചിട്ടുള്ളതാണ് ഭൂമനിന്ദ പ്രശംസാസു നിത്യോഗിയ ദിശായനയും സംബന്ധിസ്ഥിഭൂക്ഷായാം ഭവന്തി മതുബാധി ഭൂമാർത്ഥത്തിൽ അത്യധികം ഭൂയിഷ്ടമായ മതിയാമ്മണ്ണമുള്ള എന്താണ് ഭോഗ്യ വിഷയങ്ങൾ നിറഞ്ഞതാണതാണ് ആഭോഗി ഈ ജഗത്ത് അങ്ങനെയുള്ള ജഗത്ത് എന്താണ് മന സമായത്വം മനസ്സിന് അധീനമാണ് മനസ്സുണ്ടെങ്കിലല്ലേ ഇത് അനുഭവിക്കാൻ പറ്റും ഇവിടെ ഭോഗങ്ങൾ നിറഞ്ഞു ഭോഗ്യ വിഷയങ്ങൾ നിറഞ്ഞ അനുഭവിക്കാൻ ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടെന്താ ഇതും മനസ്സിന് അധീനമാണ് മനസ്സാണ് ഇതിനെ ഭോഗയോഗ്യമാക്കുന്നത് ഭോഗ്യമാക്കണം പക്ഷേ അവിടെ വേറൊരു പ്രശ്നം എന്താണ് മനസ്സ അസതി ആഭാദി മനസ്സ് അസത് പോലെയാണ് എനിക്ക് തോന്നുന്നത് മനസ്സ് ഇല്ലാത്തതുപോലെ തോന്നുമെന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് മനസ്സിനെ കുറിച്ച് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മനസ്സ് ഒരിക്കലും മനസ്സിന് പിടികൊടുക്കത്തില്ല ഇതാണ് മനസ്സ് അസത്വം എന്ന് പറയും ഇന്നുവരെ ഇത് രാമന്റെ കാലം ഇത് ആയിരം വർഷം നമ്മൾ എഴുതിയതാണ് ആ കാലം മുതൽ തത്വചിന്തകന്മാര് അതുകഴിഞ്ഞ് ശാസ്ത്രജ്ഞന്മാര് മനഃശാസ്ത്രജ്ഞന്മാര് തലയുടെ ശാസ്ത്രജ്ഞന്മാര് ഭൂതഭൗതികങ്ങളുടെ ശാസ്ത്രജ്ഞന്മാര് നിരവധി ശാസ്ത്രജ്ഞന്മാര് കിണഞ്ഞു പരിശ്രമിച്ചിട്ട് എന്താണ് അസതിവാഭാതി സംഗതി ഇതുവരെ പിടി കിട്ടിയിട്ടില്ല മനസ്സ് മനസ്സുകൊണ്ട് തന്നെ അതിനെ കണ്ടെത്തണം അതാ ഒരു വലിയ ഗുരുതരമായൊരു പ്രശ്നം എന്തൊക്കെ ഉപയോഗിച്ചാലും അവസാനം തീരുമാനമെടുക്കേണ്ട ഇവിടെ മനസ്സിൽ ആരെക്കുറിച്ച് മനസ്സിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് തീരുമാനം എടുക്കും പോലെയാണോ എപ്പോഴെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുമോ പറ്റൂ എന്താ പറ്റാത്ത ചിലപ്പോൾ തോന്നും നല്ലവനാണെന്ന് ചിലപ്പോൾ തോന്നും മോശമാണെന്ന് രണ്ടിലേഖങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ ആർക്കെങ്കിലും വെറുതെ പറയരുത് പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല ഇതാണ് മനസ്സ് ഉണ്ട് മനസ്സിനെ അറിയാൻ പറ്റുന്നില്ല അപ്പൊ മനസ്സെന്താണെന്ന് അറിയാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് പലതരത്തിൽ പഠനങ്ങളുണ്ട് അന്നെന്താണ് ഒരേ ഒരു വഴിയോ എന്താണോ ചിന്തിക്കുക ചിന്തിച്ചു നോക്കുക എന്താണ് ഈ മനസ്സ് അല്ലെങ്കിൽ പഴയ ആൾക്കാർ ചിന്തിച്ചവർ കപിലനും കണാദനും ഒക്കെ ചിന്തിച്ച വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും പക്ഷെ ഒരുപടിയും കിട്ടുന്നില്ല അതാണ് അസതിവാഭാതി എന്ന് പറയുന്നത് മനസ്സിന് ഇത് ഇവിടെ തുടങ്ങി ഈ സംഭവം അവസാനം വരെ ഇത് പറഞ്ഞുകൊണ്ടേ പിന്നെ ചെറിയടത്തൊന്നുകൂടെ കൂട്ടി ചേർവ് എന്താണോ എന്നൂടെ പറയും മനോ ബ്രഹ്മയാണ് മനസ്സ് ബ്രഹ്മം തന്നെ എന്നൂടെ പറയും അത് കൂടുതലായിട്ട് പറയാം അങ്ങോട്ട് തത്വചിന്തയുടെ ഭാഗം വരുമ്പോൾ എന്ന് പറയും മനസ്സെന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ യുക്തി ചിന്തയുടെ ഭാഗത്ത് വരുമ്പോൾ എന്ന് പറയും മനസ്സ് പിടികിട്ടത്തേയില്ല അതൊരു വലിയ വെല്ലുവിളിയായി ഇന്നും മനുഷ്യനൊന്നും വിനിക്കുന്ന ഒരു കാര്യമാണ് അതാണ് രാമനും പറയുന്നത് ഇവിടെ പോയി മനസ്സ് അസതിവാ ഭാതി മനസ്സ് ഇല്ലാത്തതുപോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അസത്തായിട്ടും മനസ്സിലാകാൻ കഴിയാത്തതെന്നുള്ള അർത്ഥത്തിലാണ് അനുഭവത്തിലുണ്ടല്ലോ മനസ്സ് പിന്നെ മനസ്സില്ല എന്ന് പറയാൻ പറ്റും എനിക്ക് മനസ്സില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മനസ്സുള്ള ഒരാൾ ചിന്തിക്കുന്ന ഒരാൾ മനസ്സില്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ മനസ്സ് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല അത് പരമാർത്ഥമാണോ അത് അസത്യമാണോ സത്യമാണോ മിഥ്യയാണോ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നാണ് അവസാനം ഇവിടെ തത്വത്തെ പറയും ആ മനസ്സ് പരമാർത്ഥ സത്യം എന്തുകൊണ്ട് സത്യത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല അത് അദ്വൈതത്തിൻ്റെ യുക്തി അനുസരിച്ച് പറയും അപ്പോ രാമൻ പറയുന്ന എന്താണോ ഒരു വിരക്തമായ മനസ്സ് എന്നാണ് പറയുന്നത് കേന സ്മ പരിമോഹിത പറയുന്നു മനസ്സെന്തായാലും ഇല്ലാത്തതായിട്ടാണ് എൻ്റെ പിന്നെ ഈ എന്നെ മോഹിപ്പിച്ചതെന്താണ് ഇവിടെ എന്നെ മോഹിപ്പിച്ചതെന്താണ് ഒരു ചോദ്യമാണ് കേനസ്മ പരിമോഹിതാഹ എന്നെ മാത്രമല്ല എല്ലാവരെയും എല്ലാവരെയും മോഹിപ്പിക്കുന്നത് അതെന്താണ് പിടികിട്ടുന്നില്ല അപ്പൊ അവസാനം പറയാൻ എല്ലാവരും മോഹിപ്പിക്കുന്നത് എന്താണ് അതാണ് ശാംബരം പന്ത്രണ്ടാമത്തെ അതാണ് മായ മായയാണ് മോഹിപ്പിക്കുന്നത് ശമ്പരൻ എന്ന് പറയുന്ന ഒരു അസുരനാണ് അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു വിദ്യയുടെ പേരാണെന്തത് ശമ്പരം ശാംബരം എന്ന് വെച്ചാൽ മായ അപ്പോ ഇത് പിടികിട്ടാത്ത കാര്യങ്ങൾക്കെല്ലാം പണ്ട് പറഞ്ഞിരുന്ന ഒരു സമാധാനമാണ് മായ നമുക്ക് മനസ്സിലാകാത്തത് കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരു ആശയം വന്നത് എന്തുകൊണ്ടായിരിക്കും അതുകൊണ്ടല്ലോ പഴയകാലത്ത് ഇന്ദ്രജാലം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം മാജിക് സാറിന് മനുഷ്യർ മാജിക് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പിടികിട്ടത്തില്ല അത് മാജിക് പഠിച്ചവർക്കേ പറ്റൂ അത് പരമ്പരയിലെ പഠിക്കാൻ പറ്റും മറ്റുള്ളവർക്കാർക്കും അത് പറഞ്ഞു കൊടുക്കത്തില്ല എന്നാൽ അവരുടെ തൊഴിൽ പോകും ഇന്നങ്ങനെയല്ല നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ ഏത് മാജിക്കും പഠിക്കാം കാലം മാറി പണ്ടെങ്ങനെയായിരുന്നു ഈ പാരമ്പര്യമായ കുലത്തൊഴിലുകൾ വേറെ ആർക്കും കൈമാറത്തില്ല അപ്പം മാജിക്ക് കാണുമ്പോൾ ആൾക്കാർക്ക് ഇതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല മാജിക്ക് തന്നെയാണ് അവർ ആദ്യം വിളിച്ചത് എന്താണ് ഇന്ദ്രജാലം മായ പിന്നെ അവരിവിടെ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളും ചിന്തിച്ചു ഇവിടെ ചിന്തിച്ചാ എല്ലാം പിടികിട്ടു ഇല്ല പിടികിട്ടാത്ത കാര്യങ്ങൾക്കെല്ലാം കൂടെ അവർ ചേർത്ത് ഒരു പേര് കൊടുത്താണ് എന്ത് മായ പറയുന്നു എന്തുകൊണ്ടാണ് എന്താണ് ഈ മനുഷ്യനെയൊക്കെ ഇങ്ങനെ മോഹിപ്പിക്കുന്നത് എനിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് തൻ്റെ അവസ്ഥയാണ് തനിക്കിപ്പോ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എല്ലാം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചാണല്ലോ രാമൻ വിളറിപ്പോയത് അതിന് സ്വയം പറയും തൻ്റെ ആ ഒരവസ്ഥയെക്കുറിച്ച് പറയുമെന്ന് വെച്ചാൽ ഇത് അത്ര പന്ത്രണ്ട് മുപ്പത്തി മൂന്നാമത്തെ സർഗം വരെ രാമ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായോ കേട്ട് കേട്ട് നിങ്ങൾ മടക്കും അതുകൊണ്ട് ഞാൻ മുഴുവൻ പറയില്ല ഇതേ കാര്യങ്ങൾ പല പല പല രീതിയിൽ ഭാഷ മാറ്റി ഉദാഹരണങ്ങൾ മാറ്റി നിരന്തരം രാമൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാനിത് ഈ മുപ്പത്തി മൂന്നും വായിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി എന്താണ് അത്ഭുതപ്പെട്ടത് വിരക്തി എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഒരാൾക്ക് എങ്ങനെ ഇത്രയും പരുത്തി പറയാൻ കഴിയും ഇത്രയും വിശദീകരിച്ച് എങ്ങനെ പറയാൻ കഴിയും ആ കവിത്വ സിദ്ധി എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരു ചെറിയ വിരക്തി എന്ന് നമുക്കൊരുവാക്കി പറയാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ അതിനെ അതിൻ്റെ ഓരോ ഇഴ കീറി പരിശോധിച്ച് ഇത്രയും വിപുലപ്പെടുത്തി ഓരോന്നിനും പുതിയ പുതിയ ആശയങ്ങളും കൊണ്ടോ ഇത്രയും വിശദമായി എങ്ങനെ ഒരാൾക്ക് എഴുതി വയ്ക്കാൻ കഴിഞ്ഞു വിരക്തിയെക്കുറിച്ച് ഒരു ഖണ്ഡിക എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വയറ്റിൻ്റെ അസുഖം വരും ഓടും കതിൽ വിരക്തി വരും ഒരു കണ്ണി എഴുതാൻ പറ്റത്തും ഇതെത്രയാ ഈ മുപ്പത്തി മൂന്ന് സർഗങ്ങൾ അതുടന്നും പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ പല പല പല പല രീതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വിശദീകരിക്കുന്നു അത്രയും കേൾക്കാൻ ലക്ഷ്യമെന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ ഈ സർഗം മുഴുവൻ പറയാം അതുകൊണ്ട് പറയുന്നു എന്താണ് എന്നെ മോഹിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് പിടി